ശരിയായില്ല ഇപ്പങ്ങനെ ഇല്ല and ശരി കേക്കുന്നുണ്ടോ ഇല്ല കേടെ ഇല്ല ഇതിന്റെ ഇഷ്യൂ ആയിരിക്കും എന്തെങ്കിലും കണക്ഷന്റെ അതിന്റെ രണ്ട് തട്ടൊക്കെ കൊടുത്തു നോക്കിയാൽ ചിലപ്പോ അറിയാം ണന്ന കേട്ടതാണോ കേൾക്കുന്നില്ല അവിടത്തെ പ്രശ്നമായിരുന്നു അവിടെ ആംബിളില് അവിടെയാണ് ഇതില് സൗണ്ട് വരുന്നുണ്ടാവും അത് തന്നെ അവിടത്തെ പ്രശ്നമായിരുന്നു ായിരുന്നു ആ ഇപ്പൊ അതിലുണ്ടല്ലേ ആ സ്പീക്കറിലായിരിക്കും നെ കണ്ട സന്തോഷോ പരം ശ്രേയോ സന്തോഷ സമുച്ചതേ സന്തുഷ്ട പരം അഭി സന്തോഷവും പരം പരവുമായ ശ്രേയസ് ഇത് പഞ്ചദശ സർഗം ഒന്നാമത്തെ സ്നോം ഏ അത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ തീർന്നു ഇനി അടുത്ത പ്രകടനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞോള അവസാനിപ്പിച്ചത് ആ പറയാനുള്ളതെല്ലാം പറഞ്ഞു വീണ്ടും അതിന്റെ ആവർത്തനമാണ് വിചാരത്തിൽ സ്തുതിക്കുന്നതാണ് പുതിയതായെന്നോ അതിന് കിട്ടാനില്ല അതുകൊണ്ട് അതങ്ങോട്ട് പുതിയൊരു വിഷയമാണ് സന്തോഷം അതാണ് പരവുമായ ശ്രേയസ് പരവുമായ മോക്ഷം സന്തോഷ സ്വഭാവത്തിന് സന്തോഷം തന്നെ സന്തുഷ്ട പരമഭേജി േത്വര്യമോക്ഷദ്വരെ ദ്വരബാദ ചര പരികീർത്തി ഒരു സമം വിചാരി കഴിയും മൂന്നാമത്തതാണ് സന്തോഷം ചതുർത്ഥ സാധുസങ്ങൾ നാലാമത്തെ സാധുസങ്ങൾ ആ ക്രമമായി പറഞ്ഞു വരിക വിചാരത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു സന്തോഷത്തെ അധികം ദീർഘിപ്പിക്കുന്നില്ല ഇരുപത് പദ്യങ്ങളെയുള്ളൂ ഇപ്പൊ സന്തോഷമാണ് മോക്ഷം സന്തോഷമാണ് സുഖം സന്തുഷ്ട സന്തോഷം ഉള്ളവൻ സന്തുഷ്ടൻ പരം വിശ്രാമം അഭ്യേരി പരമമായ വിശ്രാമം ശാന്തി സന്തോഷമുള്ളവൻ പരമമായ ശാന്തിയെ പ്രാപിക്കും അത് മുക്തി സുഖത്തിൽ പറയുന്നതനുസരിച്ച് ജീവിച്ചിരിക്കുമ്പോൾ മരണശേഷം പരവുമായി സാങ്കേതിക ഇവിടെ ഈ സന്തോഷത്തിന്റെ സ്തുതിയാണ് സന്തോഷത്തെ സ്തുതികയാണ് സന്തോഷത്തെ എങ്ങനെ നേടാം എന്നതിലുപരി സന്തോഷം വളരെ മഹത്തായ എന്ന് പറഞ്ഞ് അതിനെ രോചകമാക്കണം അതിന് രുചി ഉണ്ടാക്കാൻ വേണ്ടി പറയണം ഇവിടെ പറയുന്ന സന്തോഷത്തിന്റെ മഹത്വം അർത്ഥവാദമാണ് സ്തുതി അത് ഇങ്ങനെ ശാന്തിയാണ് സന്തോഷം സുഖമാണ് സന്തോഷം ഇങ്ങനെ എങ്ങനെ എല്ലാം ഒന്നായിട്ട് സന്തോഷ സന്തോഷൈശ്വര്യസുദിന ചില വിശ്രാന്ത ചേതസാം സാമ്രാജ്യം അഭിസന്താനം ജലത്രണലവായതേ സന്തോഷമാകുന്ന ഐശ്വര്യം അതുകൊണ്ട് സുഖമുള്ളവരായിരിക്കും എന്നുള്ള സുഖിമാന്മാരായിരിക്കും എന്നുള്ളത് സന്തോഷമുള്ളവന്റെ ഏറ്റവും വലിയ ഐശ്വര്യം സന്തോഷം തന്നെയാണ് നേരത്തെ പറഞ്ഞു സന്തോഷം തന്നെ സുഖങ്ങളും അതുകൊണ്ട് സുഖിക്കുന്നവരെന്ന് പറഞ്ഞു സന്തോഷിക്കുന്നവരാണ് പിന്നെ മുമ്പ് പറഞ്ഞു വീണ്ടും അവിടെ വന്നു ചില വിശ്രാന്ത ചേതസ്സ ജീവിച്ചിരിക്കുമ്പോൾ മനസ് ആയി ശാന്തി സാമ്രാജ്യമവി അങ്ങനെയുള്ള ശാന്തന അങ്ങനെ മൊത്തം ചേർന്ന് പറയാനങ്ങനെയുള്ള ശാന്തരായ വീക്ഷ സാമ്രാജ്യമവി സാമ്രാജ്യം പോലും ജലത്രിണലവായുതേ നാമഭാഗം ഇവിടെ പഠിച്ചിട്ടുള്ള ബഹുമാനാത്മാചാര്യൻ സർവപ്രാതിപതി ഭാവത്ത വിഭാഗം നാമഭാഗത്തിലോ പഠിച്ചാണ് ആർക്കെങ്കിലും ഓർമ്മയായിട്ട് കാണാൻ പോയി ജലത്രിണലവം ഉണങ്ങിയ തൃണലവുൽ കഷണം പോകുന്നത് ആയിട്ട് വെച്ചാൽ തുച്ഛമാണ് സാമ്രാജ്യം സന്തോഷമുള്ളവനാണ് സാമ്രാജ്യം പോലെ അവന് തുച്ഛമാണ് അതിവിടെ പ്രത്യേകിച്ചും പറയുന്നതിന് കാരണമുണ്ടാവണം ഇവിടെ രാമൻ ഇനി സാമ്രാജ്യത്തിന്റെ അധിപതിയാകാൻ പോകുന്നതാണ് ചക്രവർത്തി ആകാൻ പോകുന്ന സാമ്രാജ്യം പോലും അവിടെ തന്റെ ഉള്ളിലിരിക്കുന്ന സുഖത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ താൻ ഭരിക്കുന്ന സാമ്രാജ്യം പോലും എന്ന് പറയുമ്പോ എന്താണ് ഭൗതികമായ സാമ്രാജ്യം ഐശ്വര്യം സമ്പത്ത് ഇതെല്ലാം ഒരാൾക്ക് തന്നെ തന്നെ സുഖം കണ്ടെത്താൻ കഴിഞ്ഞാൽ അതെല്ലാം ദച്ഛമാണ് വലിയ കാര്യമില്ല എന്നുള്ളതാണ് ഇനി സാമ്രാജ്യം ണ്ടായാൽ ഒരാൾക്ക് സുഖം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പഴയകാലത്തെ അനുഭവങ്ങളിൽ നിന്നു പറയുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ മനുഷ്യർ പഠനങ്ങളിൽ നിന്നു പറയും പണ്ട് ഓരോരുത്തരുടെ അനുഭവം കണ്ടിട്ട് പറയും രാജാക്കുമാറിന്റെയും അടുത്ത രാജ്യങ്ങളെ ആക്രമിച്ച് ആക്രമിച്ച് രാജാവ് പിന്നീട് ചക്രവർത്തിയായിട്ട് ഒരുപാട് രാജാക്കന്മാര് കപ്പം കൊടുക്കുമ്പോഴാണ് ടാക്സ് കൊടുക്കുമ്പോഴാണ് രാജാവ് ചക്രവർത്തിയോ അങ്ങനെയൊക്കെ ആയാലും രാജ്യത്തിന്റെ സ്ഥിതി എത്ര വലുതാക്കിയാലും ഭയമായി മറ്റേതെങ്കിലും ഒരാളുകൾ തന്നെ ആക്രമിച്ചാലും പുറമേ നോക്കും കൊട്ടാരത്തിൽ തന്നെ വിപ്ലവം നടന്നാലും ഉള്ളിൽ തന്നെ ആളാം അപ്പോ ഒരു ചക്രവർത്തിക്ക് സാമ്രാജ്യത്തിൽ നിന്ന് സുഖം കിട്ടത്തില്ല ഇവിടെ പറയുന്ന പോലെ സ്ഥായിയായ സുഖം പരമമായ ശ്രേയസം പരമമായ ശാന്തി നിന്നും കിട്ടത്തില്ല എന്ന് പഴയകാലത്തെ ആൾക്കാർ മനസ്സിലാക്കി നമ്മുടെ സമ്പത്തിനനുസരിച്ച് സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് സുഖം കൂടത്തില്ല സമ്പത്ത് നിന്ന് ആ സുഖത്ത് കൊടുക്കുകയും ചെയ്യും ഒരാള് കുറച്ച് ഒന്നുമില്ലാത്ത ഒരാള് കുറച്ച് സമ്പത്ത് ഉണ്ടാക്കുന്നു എന്നറിയുക സമ്പത്ത് കൂടിക്കൂടി വരുന്നതിനനുസരിച്ചയാളുടെ ചുമ കൂടിക്കൂടി വരും എന്ന് പറയുന്ന ഒരു വാസ്തവമാണ് അതിനൊരു ടൈം ലൈനുണ്ട് സമ്പത്ത് കൂടുക സുഖം കൂടുക പക്ഷേ എന്താ സംഭവിക്കുന്നത് അയാളുടെ ചുറ്റുപാടുമാണ് ദരിദ്രരായാലെ അയാൾ ആദ്യം സന്തോഷം കിട്ടുമെന്ന് തന്റെ അടുത്തുള്ള ആർഗങ്ങൾ സമ്പത്ത് കൂടുകയാണെങ്കിൽ യാള് പിന്നെ അടുത്ത സമ്പന്നിനു വേണ്ടി തന്നെ കമ്പയർ അവനും പണമുണ്ട് യുവതിക്കും പണമുണ്ട് അപ്പോൾ ഇയാളുടെ സുഖം സമ്പത്ത് കൂടുമ്പോ അതിനനുസരിച്ച് സുഖം സമ്പത്തൊന്നല്ല ഭൗതികമായ ഏത ഐശ്വര്യങ്ങളും കൂടുമ്പോ ഒരു പരിധിവരെ സുഖം കൊടുക്കും ഇത് വ്യക്തികൾ തമ്മിലായാലും ചില രാജ്യങ്ങൾ തമ്മിലായാലിച്ച് മറ്റൊരാൾക്ക് അതുപോലെ സുഖം വരുമ്പോ അവരുടെ ശ്രമം നഷ്ടം ഇത് ഇന്നത്തെ ധുനികമായ എക്കണോമിക്സ് എന്ന് പറയുന്നവർ നിയമമാണ് പിന്നെ സ്റ്റെർലിൻ പാരഡോക്സ് എന്ന് പറയുന്നത് കേട്ടിരിക്കും എക്കണോമിക്സ് പഠിച്ചവർ കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടാക സ്റ്റെർലിൻ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ഒരുപക്ഷെ ലോകത്തിലാദ്യമായിട്ട് സമ്പത്തും സുഖവും തമ്മിൽ താരതമ്യപ്പെടുത്തി ഒരു പഠനം നടത്തിയാണ് ഇന്ന് ഒരുപാട് ഡിബേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് സമ്പത്ത് എങ്ങനെയാണോ സുഖത്തെ സ്വാധീനിക്കേണ്ട പഴയകാലത്ത് പറയുന്ന ഓരോ അനുഭവങ്ങൾ കണ്ടിട്ട് പറയുന്നു പഠനമില്ലാന്ന് ഡാറ്റാ സീസ് പറയുന്ന അനാലിറ്റിക്കൽ സ്റ്റഡിയിലൂടെ പറയുന്നത് കണ്ട് എഴുതി വെക്കുന്നു ഇങ്ങനെ ഇന്നാൾക്കാർ മെനക്കെട്ടിൽ നിന്ന് പഠിക്കുന്നു അപ്പൊ അവര് ഡേറ്റാസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു സന്തോഷം ഒരു പരിധിവരെ കൊടുക്കും ഒരു പരിധിവരെ സമ്പത്ത് കൊണ്ടുരാക്ക സുഖമുണ്ടാകും അത് തന്റെ അടുത്തൊരുത്തൽ സമ്പന്നനായാണ് തന്റെ സുഖം അടുത്ത രാജ്യം സമ്പത്തിലേക്ക് പോകുന്നു എന്നു കൊണ്ട് ഒരസ്വസ്ഥരാണ് അതാണ് അമേരിക്കയിന്റെ തവർക്കാശം വെച്ചത് കാരണം ഇന്ത്യ വളരെ വേഗത്തിൽ വളരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് എന്ന് മനസ്സിലായപ്പോ ഇന്ത്യയുടെ ജി ഡി പി ഇപ്പോൾ വളർന്നുകൊണ്ടിരുന്നത് അത്ര എയ്റ്റ് പോയിന്റ് ടു ആണ് അമേരിക്ക ഫോർ പ്ലസ് ഇന്ത്യ രൂപം അതിന്റെ ഇരട്ടിയാണ് ഇതൊക്കെ അവർക്ക് സമ്പത്തുണ്ട് ഒരുപാട് അപ്പോ അവരെ ഇത്തരത്തിൽ ഇന്ത്യ തെള്ളത്താശി അത് ടാക്സൊക്കെ ഏർപ്പെടുത്തി ലോകത്തിന്റെ ഒരു സ്വഭാവമാണ് എന്തുകൊണ്ട് ഇവിടെ ഈ സമ്പത്തുണ്ടായ അവരുടെ സന്തോഷം കൊണ്ട് അത് തന്നെ ചൈനയ്ക്ക് സമ്പത്തുണ്ടായ അവൻ്റെ സന്തോഷങ്ങൾ വേറെ ആരും നമ്മൾ അത്രയും സമ്പത്ത് ആർക്കും ഉണ്ടാകുമ്പോഴില്ല സമ്പത്ത് മനുഷ്യന്റെ സന്തോഷത്തെ ഒരു പരിധിവരെ കൊടുക്കാൻ കഴിഞ്ഞാൽ കൊടുക്കില്ല എന്നുള്ളതാണ് ഇത് എക്കണോമിക്സ് മാത്രമല്ല സൈക്കോളജി ഇതേ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് സൈക്കോളജി അവിടെ സന്തോഷത്തെ പറയുന്നതാണ് സബ്ജക്റ്റിൽ വരിക അത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരുന്നു മറ്റു പല കാര്യങ്ങളെ പോലെ തന്നെ നമ്മുടെ സന്തോഷം പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്ന എന്തിനാണ് നമ്മള് നമുക്ക് കുറെ സന്തോഷമുണ്ടല്ലോ നമ്മുടെ സന്തോഷം മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്ന എന്തിനാണ് കേട്ടില്ല മനസ്സോ സയന്റിഫിക്കായിരുന്നു നാൽപ്പത് അമ്പത് ശതമാനത്തോളം നമ്മുടെ ജനറ്റിക്സാണ് പത്ത് ശതമാനം നമ്മുടെ ചുറ്റുപാടുകളാണ് ഒരു നാപ്പത് ശതമാനം നമ്മൾ ആർജിക്കുന്ന നമ്മുടെ വാക്കിന്യന്റെയും പ്രവൃത്തി എല്ലാം കൂടി നമ്മൾ ആർജിച്ചെടുക്കണം ഇതാണ് അതിന്റെ ഒരു പൊതുവായുള്ള പണം സയൻസിലും മനഃശാസനത്തിലും എങ്ങനെയാണോ അപ്പൊ സന്തോഷം നമ്മൾ നിരന്തരം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് പല രീതിയിൽ പക്ഷെ കാണാമല്ലോ ചില വ്യക്തികള് പറയും അവരെ ആള് അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ അവര് പുതിയ സന്തുഷ്ടരായി അവരുടെ നേച്ചർ അങ്ങനെ അവര് സന്തോഷമുള്ള മനുഷ്യർ ചില മനുഷ്യരങ്ങനെയല്ല അവര് തെറുപെടുത്തുകൊണ്ടിരിക്കും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും പോരാത്തതിന് അവരിങ്ങനെ സന്തോഷത്തിൽ തിരഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോഴും ഇവിടെ കിട്ടും സന്തോഷം അവര് സംതൃപ്തര് ഇനി എന്തൊക്കെയോ കിട്ടിയാലും അവര് അസംതൃപ്തരായിരുന്നു പോരാ അതിനൊരു പ്രധാന കാരണം അവരുടെ ജനറ്റിക്സ് ആണെന്നാണ് ചിലരെപ്പോഴും ഒരു വിഷാദ ഭാവത്തിലായി സന്തോഷത്തോടെ അവർ കാണാൻ പറ്റില്ല മറ്റുള്ളവരവരെ സന്തോഷിക്കുക ശ്രമിച്ചാലും അവർ സന്തോഷിക്കും അപ്പൊ ഇത് കേവലം നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ ധരിക്കുന്നത് പക്ഷെ അമ്പത് ശതമാനത്തോളം നമുക്ക് ആർജിക്കാം അല്ലെങ്കിൽ അറുപത് ഇവിടെ പറയുന്നു ഇവിടെ ഈ സന്തോഷം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണ് നിങ്ങൾ മോക്ഷത്തെ നിശ്രേയസത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിക്കുന്നവന് സന്തോഷത്തെ അവലംബിക്കുക വിജയിൽ സന്തുഷ്ട സതത യോഗി യോഗശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചു സന്തോഷ അനുത്തമ സുഖം അപ്പൊ ഈ പോസിറ്റീവ് സൈക്കോളജി പറയുന്നത് മീനിങ് എന്നാണ് എന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യം മുന്നോട്ട് പോയി അത് താൻ തലിക്ക് കൽപ്പിക്കുന്നതിനും മൂല്യമുള്ളതായിരിക്കും ഇമോഷണലും കുഴപ്പമൊന്നുമില്ല അവിടെ ഒരു വലിയ ലക്ഷ്യമാണ് നമ്മുടെ നടന്നാലും നടന്നില്ലെങ്കിലും പ്രശ്നം അങ്ങനെ ഒരു ലക്ഷ്യത്തെ വച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരാൾ പരിശ്രമിക്കുമ്പോൾ അതാണ് യോഗശാസ്ത്രത്തിനും മറ്റും പറയുന്നു അങ്ങനെ പരിശ്രമിക്കുന്നു സന്തോഷത്തിലായിരിക്കണം പോകേണ്ടത് പരാതിയിലും പരിഭവത്തിലും പ്രുക്കലിനുമായിരിക്കും എന്റെ യോഗ ശരിയാകുന്നില്ല എന്നല്ലേ ചിന്തിക്കേണ്ടത് അതുപോലെ അത്രേണ്ടത് പോസിറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് പറയും നിങ്ങൾ സന്തോഷം സന്തുഷ്ടനായി ഇരിക്കാൻ ശ്രമിക്കുക ഏതെല്ലാം ഉപായങ്ങളിലൂടെ സന്തോഷത്തെ നേടാൻ കഴിയും അത് നേടാൻ ശ്രമിക്കുക പക്ഷേ മനഃശാസ്ത്രത്തിൽ പോലും ഒരു അങ്ങനെ സന്തോഷത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളുടെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത് ജീവിതത്തിൻ്റെ എല്ലാ വാല്യൂസും മൂല്യങ്ങളും എല്ലാ ക്വാളിറ്റീസും ഗുണങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോലെ സന്തോഷത്തിന് ശ്രമിക്കുക എന്നുവെച്ചാൽ ബേസിക്കായിട്ടുള്ള ഡിസിപ്ലിൻസ് എല്ലാം വേണം ഇന്നലെ സന്തോഷത്തെ ഒരു വലിയൊരു ലക്ഷ്യത്തെ വെച്ചുകൊണ്ട് സന്തോഷത്തെ ഒരാൾക്ക് അർജിക്കാൻ പറ്റും സന്തോഷം ആർജിക്കുന്നതെല്ലാം വേണം അപ്പൊ സമ്പത്തുണ്ടാക്കുന്നിടത്തവര് ശരി സമ്പത്ത് സന്തോഷത്തിന് ഉപകരിക്കും ഒരു വരെയും സ്ഥാനമാനം ഉപകരിക്കും കീർത്തി ഉപകരിക്കും പക്ഷൊക്കെ ഇതൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോ ആ വ്യക്തിക്ക് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ ഓണസ്റ്റി എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചടിക്കും തിരിച്ചടിക്കാൻ വെച്ചാൽ ദുസ്വപ്നങ്ങൾ വന്നുകൊണ്ടേ സന്തോഷം നഷ്ടപ്പെടുത്തി കളയാം വ്യക്തിത്വത്തിൽ അത് വേണമെന്നുള്ളത് പേഴ്സണാലിറ്റി ഇന്റഗ്രിറ്റി ഒരു പ്രധാന ഭാഗമായി അതായത് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു പളുങ്ക് പാത്രം പോലെയാണ് അത് ഉപയോഗത്തിനും കാണാനും ഒക്കെ വളരെ മനോഹരമായ ഒരു സാധനമാണ് പക്ഷെ അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശോഭയെല്ലാം പോകും അതുപോലെ തന്നെ വ്യക്തിത്വം എന്ന് പറയും വ്യക്തിത്വത്തിൽ പോരായ്മ സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ കരകയറാൻ കുറിച്ച് പ്രയാസം കര കയറണമെന്നാണ് പറയുന്നത് പോസിറ്റീവ്സ് ആയിക്കോട്ടെ പക്ഷെ അതിനൊരുപാട് എഫർട്ട് എടുക്കും അതാണ് ഞാൻ നേരിട്ട് പറഞ്ഞ ദുഃപ്നങ്ങളെന്ന് പറയും അതിന് ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാതെ എങ്ങനെയും സമ്പത്ത് കരസ്ഥമാക്കുക എങ്ങനെയും സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക എങ്ങനെയും പ്രശ്നത്തിൽ ആ വഴി പോയി ചിലപ്പോൾ അതൊക്കെ നേടാൻ കഴിയും പക്ഷേ സന്തോഷം നേടും സന്തോഷം നിലനിർത്തുന്നതെന്ന് പറയുന്ന ഉപായങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യാസ്ത്രത്തിൽ പറയുന്നത് സബ്ജക്റ്റിംഗ് വെൽ എന്നാണ് അതിനെ പറയുന്നത് ഒരു പ്രധാനമായ ഒരു ക്വാളിറ്റി എന്ന് പറയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി മനുഷ്യന് എപ്പോഴും എത്രമാത്രം അവൻ നന്ദിയുള്ളവനായിരിക്കുമോ അത്രമാത്രം അവൻ സന്തുഷ്ടനായിരിക്കും ജാപ്പാനീസിന്റെ ഒരു ജീവിതശൈലി ഉണ്ടെന്ന് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സന്തോഷമായി ജീവിക്കുന്നവർക്കി ഗായി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം ഇതാണ് ഗ്രാജുവേറ്റ് എല്ലാത്തിനോടും നന്ദി കഴിഞ്ഞുകൊണ്ട് നമുക്ക് കുടിക്കാൻ ശുദ്ധജലം കിട്ടിക്കഴിഞ്ഞാൽ പ്രകൃതിയോട് നന്ദി പറയും ശുദ്ധവായു ശ്വസിക്കാൻ കഴിഞ്ഞാൽ പ്രകൃതിയോട് നന്ദി പറയൂ അപ്പോ നന്ദിയുള്ളവനായിരുന്നാൽ മാത്രമേ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് സഹായങ്ങൾ വന്നു ചേർത്തൂ കാരണം നന്ദിയുള്ളവനാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും അങ്ങനെ പോസിറ്റീവ് നോക്കാം നമുക്ക് എല്ലാ അർത്ഥത്തിലും സഹായം കിട്ടിക്കൊണ്ട് വിശ്വാസികൾ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് പറയും പോലല്ല അതൊന്നെല്ലാം പക്ഷെ അത് മാത്രം പോരാ മനുഷ്യര് ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കുകയും മനുഷ്യരോട് നന്ദി ഇല്ലാതിരിക്കുകയും ചെയ്ത പ്രശ്നമാണ് ചുറ്റുപാടുകളോട് നന്ദിയില്ലാതെ പ്രശ്നമാണ് ലോകത്ത് കുറെ വർഷങ്ങളായി സന്തോഷ സൂചികയിൽ ഏറ്റവും വേളി നിൽക്കുന്നത് ആരാണ് ഫിൻലാൻഡ് അവിടെ അവരുടെ ഞാൻ ഇത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ വർഷവും എല്ലാ വർഷവും ഇങ്ങനെ സന്തോഷ സൂചിക ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് പല ഘടകങ്ങളുണ്ട് നമുക്കില്ലാത്ത പല ഘട്ടങ്ങൾ എന്നാലും ഞാനത് പഠിക്കാൻ ശ്രമിച്ചു അവരുടെ ഏറ്റവും പ്രധാനമായി പറയുന്ന തന്നെ എന്താണ് അവരുടെ ജീവിത മറ്റ് സാമ്പത്തിക സ്ഥിതി പ്രകൃതി ഭരണ സംവിധാനങ്ങളും എല്ലാം പക്ഷേ അടിസ്ഥാനപരമായി അവർ സന്തുഷ്ടരാകുന്നതിനൊരു പ്രധാന കാരണം പറയുന്നത് കുട്ടികളുടെ ബാല്യകാലം ശൈശവും മുതൽ അവർ സന്തുഷ്ടരാണ് സന്തോഷം ആയിരിക്കുന്നത് ആറ് വയസ്സ് ഏഴു വയസ്സായാലേ ഫോർമൽ എജ്യൂക്കേഷൻ തുടങ്ങി അതുവരെ അവർ പഠിച്ചുകൊണ്ടിരിക്കും കളികളിലൂടെയാണ് പഠിക്കുന്നത് അപ്പൊ അവരുടെ സന്തോഷമാണ് അവർ അങ്ങനെ സന്തോഷമാണോന്ന് വളർന്നാലും അവന് സന്തോഷമായി പതിനാറ് വയസ്സ് വരെ പൊതുപരീക്ഷ ഒന്നും പങ്കെടുക്കുന്നുണ്ട് വയസ്സ് വരെ എന്തൊരു ഈ പത്താം ക്ലാസ് വരെ ഞാൻ ഈ പരീക്ഷകളെ ശപിച്ചവനാണ് പരീക്ഷയോടുള്ള വിനോദം കൊണ്ട് ഞാൻ പഠിച്ചിട്ടേ കാരണം കോമ്പറ്റീഷനാണ് കമ്പാരിസൺ ആണ് പരീക്ഷയില്ലാന്ന് കുട്ടികളുടെ പഠന നിലവാരമെന്നും അതിനൊക്കെ അസസ്മെന്റും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ രാജ്യത്തൊക്കെ ചെയ്യുന്ന പോലെ പൊതു പരീക്ഷ നടത്തി സ്കൂളിലെ പടുത്ത് പിന്നെ ട്യൂഷൻ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് കുറച്ച് വർഷങ്ങൾ മുമ്പാണ് കണ്ടിട്ടുണ്ട് രാവിലെ കുട്ടികൾ നടക്കാനിറങ്ങുമ്പോൾ റോഡ് ബ്രഡ് കടിച്ചു തിന്നു നടക്കുകയാണ് ട്യൂഷൻ പോവുകയാണ് പത്ത് മണിക്ക് മുമ്പ് നാലടത്ത് ട്യൂഷൻ പോകണം നൂറ്റിൻ്റെ കാഴ്ചാൻ പറ്റും അപ്പോ ഇത്രയും സ്ട്രെസ് ഉണ്ടാകുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതാണ് നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതാക്കും ഇന്നും ഒന്നില്ല നമ്മൾക്കത് മാറ്റം വരുന്നത് ഇന്നും ഒരുപാട് സിലബസ് നമ്മുടെ തിരക്കകത്ത് കുത്തിക്കയറ്റുകയാണ് ഇതാണ് അവിടത്തെ മനുഷ്യൻ സന്തോഷമായിരിക്കുന്ന എന്ന് വിചാരിച്ച് ഹയർ എജ്യൂക്കേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ടെസ്റ്റുകൾ എക്സാമിനേഷനിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ രീതിയിലൊന്നും അവർക്ക് അസൈൻമെന്റ് കൊടുക്കുന്നു അതവരൊക്കെ ശരിയായി ചെയ്യുന്നു അതിൻ്റെ ഒരു വാലുവേഷൻ നടക്കുന്നു ഓരോ തരത്തിലും കോമ്പറ്റീഷനുണ്ട് നമ്മൾ ധരിച്ചിരിക്കുന്നങ്ങനെ കോമ്പറ്റീഷൻ വന്നു ഒരുപാട് സ്ട്രെസ്സ് കൊടുത്താൽ പിള്ളേർ പഠിക്കും ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പിള്ളേരെ അടിച്ചു കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ പ്രാകൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായം പഴയ പൊതുമുല സമ്പ്രദായം അതിന്റെ പ്രത്യേകത എന്താണ് വിദ്യാർത്ഥികളെ ശിക്ഷിക്കുക കഠിനമായി ശിക്ഷിക്കുക അതെന്ത് വലിയ കാര്യമെന്നാണ് പണ്ട് ധരിച്ചിരുന്നത് ശിക്ഷിച്ചാലേ നന്നാവും എന്നുള്ളതാണ് ഇവിടെ ഒരു ശിക്ഷണവും ഇല്ല പിന്നെ വേറെന്നുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളെക്കാൾ മെച്ചമാണ് അവിടുത്തെ അധ്യാപകരോട് ഹൈലി ക്വാളിഫൈഡ് ആയ ആൾക്കാരെ അവിടെ അധ്യാപകരാകും പത്താം ക്ലാസ് മിസ്സിംഗ് കൊണ്ട് അവിടെ ആർക്കും അധ്യാപകനാകാൻ പറ്റും നല്ല പഠിക്കുവാനും നല്ല ട്രെയിൻഡായി അധ്യാപകർ എന്തിന് പല സബ്ജക്റ്റുകളും കുട്ടികളെ എന്ത് പഠിപ്പിക്കണം ിക്കുന്ന അധ്യാപകരാണ് നമ്മളെ ഇവിടുത്തെ പോലെ എല്ലാത്തിനും സിലബസ് ഉണ്ട് അധ്യാപകർക്ക് തീരുമാനിക്കും കുട്ടിയെങ്കിലും ക്ലാസ് അത്രയും അവര് ട്രെയിൻഡാണ് ഇനി അധ്യാപകരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ ഒരു എഞ്ചിനീയർക്കോ കൊടുക്കുന്നതിന് കൂടുതൽ ശമ്പളമാണ് അധ്യാപകർ കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അതേവർക്കും അറിയാം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രാചീനമായ ശരി അടിസ്ഥാനപരമായ കാലാവസ്ഥ അധ്യാപകർക്ക് വേണ്ടത്ര യോഗ്യതയില്ല ഇന്ന് യു ഡി സി ഡ ദൈവം ഒന്നിപ്പം ഉയരുന്ന തലത്തിലൊക്കെ അധ്യാപകർക്ക് വലിയ ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ യോഗ്യതയോടെ ഉണ്ട് അതില്ല അധ്യാപകർക്ക് പിന്തുറില്ല വിദ്യാർത്ഥികൾ അങ്ങനെ ഉയരുന്നുമില്ല ാണ് ഇവിടെ അവിടെ അങ്ങനെ വളരെ ക്വാളിഫൈഡ് ആയ ആൾക്കാരെ അധ്യാപകരായി വെക്കത്തുള്ളൂ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ ഇതൊക്കെ മാനേജ് ചെയ്യുന്നതിനൊരു വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഇന്ത്യയുടെ ഈ ജനസംഖ്യ അതുകൂടെ നമ്മൾ കണക്കിലെടുത്തത് എന്നാലും ഇതിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പൊളിറ്റിക്സ് പൊളിറ്റിക്സിന്റെ കാരണം വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പൊളിറ്റിക്സ് എന്ന നമ്മൾ മൂന്ന് തരത്തിൽ മനസ്സിലാക്കും ഒന്ന് പൊളിറ്റിക്കൽ ഫിലോസഫി മറ്റൊന്ന് പൊളിറ്റിക്കൽ സയൻസ് മറ്റൊന്ന് പൊളിറ്റിക്കൽ തിയറി നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന നെഗറ്റീവ് പൊളിറ്റിക്സാണ് ഇതൊന്നുമില്ലാത്ത അതാണ് ഇവിടെ കുഴപ്പം ചെയ്യുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ് ഭരണത്തിലിരിക്കുമ്പോൾ അവർ പോസിറ്റീവ് ആകാൻ ശ്രമിക്കുന്നു പ്രതിപക്ഷത്തായാൽ പൂർണ്ണമായും ഇന്ത്യ രാജ്യത്തിലായാലും ചില സ്റ്റേറ്റുകളിലായാലും അതിവിടത്തെ ഒരു ശാപമാണ് ഈ നെഗറ്റീവ് പൊളിറ്റിക്സ് അത് ഇതിനൊരു കാരണമാണ് അതിന്റെ ഇവിടെ നമ്മൾ സന്തുഷ്ട നിരവധി ഇതുപോലെയുള്ള കാരണങ്ങളാണ് പിന്നെ ൾ നന്ദിയില്ലാത്ത ഒരു സമൂഹമായിട്ടാണ് നമ്മൾ വളർന്നു വരുന്നത് മനുഷ്യരെ നന്ദിയില്ലാത്ത ആക്കുന്നത് ഈ നെഗറ്റീവ് പൊളിറ്റിക്സ് എല്ലാ പൊളിറ്റീഷന്മാരും എന്ത് ചെയ്യും അവർ ഭരണത്തിൽ ഇരുന്ന് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ എന്ത് നല്ല കാര്യം ചെയ്താലും അവർ വിമർശിക്കും ഇനി ഇവര് പ്രതിപക്ഷത്ത് പോയാലോ മറ്റവര് തിരിച്ചുവന്നു എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അവരെ വളരെ അതിനപ്പുറം ഒരു പൊളിറ്റിക്സ് ഇവിടെ ഇല്ല ആ കുട്ടികളെയൊക്കെ അതിന് ഉപയോഗിക്കുന്നു കുട്ടികളുടെ അക്രമവാസനയെ ഇതൊക്കെ ചെയ്തു അതുകൊണ്ട് പിന്നെ പോസിറ്റീവ് ഇമോഷൻസ് ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് പഴയകാലത്തുണ്ടായിരുന്ന ട്രഡീഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് അന്ന് മനുഷ്യന്റെ പ്രധാനമായ പഠിച്ചതും മെന്റൽ ഇല്ലെസ് അതിന്റെ പരിഹാരം മാറുന്നു അതിങ്ങനെ മെഡിക്കേഷൻ കൊണ്ട് തെറാപ്പി കൊണ്ട് സെൽഫ് മാനേജ്മെന്റും കൊണ്ടൊക്കെ അതിനെ മാറ്റിയെടുക്കുന്നതിനുള്ള പരിശീലനങ്ങളും മറ്റും കൊടുത്തു കൊടുത്ത ആൾക്കാർ അതിനൊരു സ്കെനുണ്ട് അതിനെ സേറ്റിൽ ഒന്നും സീറോയിലെത്തിക്കുക എന്നുവെച്ചാൽ അവർ എങ്ങോട്ടുള്ള അവസ്ഥയിലെത്തിക്കുക സിംറ്റംസ് എല്ലാം ഇല്ലാതാക്കുക ധുനിക കാലത്ത് വന്നപ്പോഴത്തെ ഈ സൈക്കോളജി ശ്രദ്ധിക്കുന്നത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോയിൽ നിന്ന് പ്ലസ് എയ്റ്റിലേക്ക് കൊണ്ടുപോകും അതിന് അവർക്ക് ചില ഒരു മെത്തഡോളജി എന്താണ് അതിന്റെ സ്കെയിലാണ് ഈ പറയുന്നത് എന്നുവെച്ചാൽ അവിടെ മനുഷ്യനെന്താണ് കൂടുതൽ സന്തോഷമുള്ളവരാകും പക്ഷെ അതിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പറയാം ഉള്ളതുപോലെ ഒരാൾക്കാരുടെ സന്തോഷം ആർജിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബന്ധം ഏത് തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പരസ്പര ബന്ധം ആണ് ഓരോ വ്യക്തിയുടെയും സന്തോഷത്തെ കൾട്ടിവേറ്റ് ചെയ്യുന്ന െടുത്തു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് സന്തോഷം സന്തുഷ്ടരായിരിക്കാം അതുകൊണ്ടാണ് ഈ പഴയകാലത്തെ രീതിയിൽ ചിന്തിക്കുന്നതിൽ നിന്ന് വലിയ അർത്ഥം ോഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന ആളുകൾ നമ്മൾ ആരോട് സഹകരിക്കുന്നു അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷത്തെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷത്തെ ആശ്രയിച്ചിരുന്നു അല്ലാതെ നടക്കില്ല ഒറ്റയ്ക്ക് സന്തോഷം നേടാമെന്ന് വിചാരിച്ചാണ് നടക്കുന്നത് അതുകൊണ്ടാണ് പരസ്പരം നന്ദിയുള്ളവരായിരിക്കും എന്നൊക്കെ പറയും നമ്മളെപ്പോഴും പരാതി പറയുന്നത് എന്താണ് അവൻ എനിക്ക് പാര വെച്ചു എന്നാണ് അപ്പോ അവനും എനിക്കും സന്തോഷം ഉണ്ടാവത്തില്ല നമ്മൾ പാരകളെ കുറിച്ച് പരാതി പറയുന്നവരാണ് നമ്മള് അടുത്തിരിക്കുന്നവരെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നവരാണ് അപ്പോ സന്തോഷത്തിന് വേണ്ടതായ ഇന്റഗ്രിറ്റി നമ്മളേലുണ്ട് ഓണസ്റ്റി നമ്മളേലുണ്ട് അവനില്ല സന്തോഷം സാമ്പത്തികം ഒരു അടിസ്ഥാന ഘടകമാണ് നമ്മുടെ ബേസിക് നീഡ്സ് അതെല്ലാം നടക്കണമല്ലോ അതിനുവേണ്ടി സമ്പത്ത് നമുക്ക് ആവശ്യമാണ് പക്ഷെ അത് കിട്ടിയാലും ഒരു സാമൂഹികമായി പൊരുത്തപ്പെടാൻ മനുഷ്യന് സാധിച്ചില്ലെന്ന് അവന് വലിയൊരു സന്തോഷം ഉണ്ടാവും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ ഇത്തരം കുറേയധികം പാരാമീറ്റേഴ്സ് അത് ഫുൾഫിൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ രാജ്യത്തെ ജനങ്ങളെ ലോകത്തിലെ നമ്പർ വൺ എന്ന് പറയുന്നത് സന്തുഷ്ടരായി വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ health വിദ്യാഭ്യാസം അവിടെ എന്താണ് പ്രൈവറ്റ് അല്ല വിദ്യാഭ്യാസം മുഴുവൻ ഫ്രീയാണ് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ പോയി സർക്കാരിന്റെ ചിലവ് നേടുന്നു ഇപ്പോൾ വിദ്യാഭ്യാസത്തെ ആർക്കും ഒരു ബിസിനസ്സാക്കാറുണ്ട് അതുകൊണ്ട് പൈസ സമ്പാദിക്കാനാണെന്ന് കഴിയും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ആർക്കും ടെൻഷൻ ഉണ്ടാകണം എല്ലാവർക്കും സന്തോഷം ഇവിടെ മത്സരമാണെങ്കിലും ഹെൽത്തും അതുപോലെ പൊതുമേഖല അപ്പൊ അത് ആരും ആരെയും ചൂഷണം ചെയ്തു അതുപയോഗിച്ചിട്ട് പക്ഷെ അടിസ്ഥാനപരമായി ജനങ്ങൾ കുറവാണ് അതൊരു പ്രധാന ഘടകമാണ് വിശാലമായ ഭൂപ്രകൃതിയാണ് പിന്നെ സന്തോഷത്തിന് ഏറ്റവും കാരണമായി അവിടെ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അവിടുത്തെ പ്രകൃതി അന്തരീക്ഷം ചുറ്റുപാടുകൾ മലിനമല്ല അതുകൊണ്ടാണ് മനുഷ്യർ സന്തോഷമായി ജീവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളെല്ലാം വളരെ മലിനമാണ് ഈ കായക രണ്ടു കരയിൽ നിന്നും സന്തോഷമായി ജീവിക്കാൻ പറ്റും പറഞ്ഞാൽ അത്രയും മലിനമാണ് മാലിന്യം വളരെ കുറവാണ് എല്ലാ ഭാഗവും മലിനമായി അപ്പം പിന്നെ അങ്ങനെ മനുഷ്യൻ സന്തോഷമായി ജീവിക്കും മലിനമായി കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും ആരോഗ്യം ശരിയായാലും സന്തോഷം മനുഷ്യനങ്ങനെ ഉണ്ട് അതിനും ഭൂപ്രകൃതിയും ജനസംഖ്യയും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഉള്ളതിന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കും സന്തോഷത്തിന് ഒരു പ്രധാന കാരണം പൗരബോധമാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയൊരു കുഴപ്പമെന്നുള്ള നമുക്ക് പൗരബോധമില്ല നിയമങ്ങളെന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിന് വേണ്ടിയാണെന്നും അതുകൊണ്ട് ഇതൊന്നും വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം നമുക്കില്ല നമ്മുടെ വീടിനെ ശുദ്ധമാക്കാൻ വേണ്ടി നമ്മൾ കായല് കടലിൽ നദി കുളങ്ങളെയെല്ലാം മലിനമാക്കും അതുകൊണ്ട് നമ്മളുടെ മാലിന്യത്തെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല വീട് ശുദ്ധമാകുമെന്ന് തോന്നുന്നതാണ് അത് നമ്മൾക്ക് ആ മാലിന്യം നമ്മളെ തന്നെ തിരിച്ചെടുക്കും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും സന്തോഷം നഷ്ടപ്പെടും അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ അത് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനമായൊരു പ്രശ്നമാണ് ഞാനവിടെ പരിശോധിച്ചു ഇവ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ അവിടുത്തെ പോപ്പുലേഷൻ ഇൻഡെൻസിറ്റി എന്ന് പറയുന്നത് പതിനെട്ടോ പത്തൊമ്പതാണ് ഇരുപത് സ്ക്വയർ കിലോമീറ്ററിനകത്ത് പതിനെട്ടോ പത്തൊമ്പതോ പേരോ ജീവിക്കുന്നുള്ളവധമില്ലാത്ത മനുഷ്യരാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അവരെല്ലാം ശരിക്കും പൗരബോധമുള്ളവരാണ് ആരും നിയമങ്ങളിലേക്ക് കേരളത്തിൽ എത്ര എന്നറിയാമോ ഒരു സ്ക്വയർ കിലോമീറ്ററിലും കേരളത്തിൽ എത്ര പേര് ജീവിക്കുന്നു എന്നറിയാമോ എണ്ണൂറ്റി അറുപതിനും എണ്ണൂറ്റി തൊണ്ണൂറിനും ഇടയ്ക്കാണ് ഭഗവാന്റെ വ്യത്യാസം പിന്നെ ഈ പൗരബോധമെന്ന് പറയുന്ന ഒരുത്തനുമില്ല എല്ലാവരും സ്വാർത്ഥരാണ് പറയുന്നുണ്ട് സ്വാർത്ഥനായ മനുഷ്യനൊരിക്കലും നന്ദിയുള്ളവനാകാൻ പറ്റത്തില്ല അതുകൊണ്ട് ആർക്കും ആരോടും നന്ദിയില്ല ഒന്നിനെങ്ങനെ സന്തോഷമുണ്ടാവും ഈ സമീപകാലത്തൊന്നും ഈ ജനസമൂഹത്തിന് സന്തോഷം നേടാൻ പറ്റില്ല അതാണ് നമ്മുടെ ചുറ്റുപാട് നിരവധി കാരണം പിന്നെ സന്തോഷത്തെക്കുറിച്ചുള്ള പഴയ കാഴ്ചപ്പാടുകൾ കൊണ്ട് സന്തോഷം നേടാൻ പറ്റില്ല ശരിയാണ് നല്ലൊരു ലക്ഷ്യം ജീവിതത്തിൽ വയ്ക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ അത് മാത്രം പോരാ നമ്മുടെ ഇമോഷൻസ് എല്ലാം പോസിറ്റീവ് ആകും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാലും നമുക്ക് സന്തോഷം നമ്മുടെ റിലേഷൻഷിപ്പ് അത് മൂല്യവത്താകും ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് ഓരോ മനുഷ്യനും തന്റെ സന്തോഷം നേടാൻ വേണ്ടിയിട്ട് അന്യനെ പരിഗണിക്കാതെ ഓടി നടക്കേണ്ട അത് ഒരിക്കലും വിജയിക്കുന്ന കാര്യമില്ല അങ്ങനെ മനുഷ്യന് സന്തോഷം നേടാൻ പറ്റില്ല അന്യനെ പരിഗണിച്ച് അതാണ് ഒരാൾക്ക് സന്തോഷം നേടാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പാരഡോക്സ് എന്ന് പറയുന്നത് അവരുടെ തിയറി പറയുന്നതാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ നിങ്ങളോടൊപ്പം സമ്പന്നനായാൽ പിന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ സന്തോഷം പിന്നെ പുരോഗമിക്കത്തില്ല അവിടെ ഒരു ന്യൂ നോർമന് വരികയാണ് പിന്നെ അവിടെ നിന്ന് നിങ്ങള് മുമ്പോട്ട് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ തന്നോടൊപ്പം വരാൻ പാടില്ല അവൻ താഴെ നിന്നാലും പിന്നെ തനിക്ക് സന്തോഷിക്കാൻ പറ്റും ഇത് ഇതിന് മാറ്റം വന്നു കഴിഞ്ഞാല് എന്താണ് നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ട് അടുത്തിരിക്കുന്നവനെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല നടക്കുന്ന കാര്യമില്ല നമ്മൾ സമ്പാദിക്കുന്നതിനോടൊപ്പം അവന് സമ്പാദിച്ചാല് രണ്ടു കൂട്ടർക്ക് സന്തോഷം വരും ഈ സമ്പാദ്യന്മാർ സന്തോഷം വരുത്തും ഇതാണ് പറയുന്നത് അതുകൊണ്ട് സമ്പത്ത് ഈ പറയുന്നെന്താണ് സമ്പത്ത് സന്തോഷത്തെ ഒരു പരിധിക്കപ്പുറം ഉണ്ടാക്കത്തില്ല എന്ന് ഈ പറയുന്ന കാര്യം ശരിയാണ് പണ്ട് ശരിയാണ് ഇന്ന് പണ്ട് അനുഭവത്തിൽ നിന്ന് പഠിച്ചു പിന്നെ അനലിറ്റിക്കൽ സ്റ്റഡീസ് ഇവിടെ മനസ്സിലാവും അത് ശരിയായ കാര്യമാണ് അതാണ് ഇവിടെ പറഞ്ഞത് സാമ്രാജ്യം ഇവിടെ സാന്താനാ ജലത്തിൽ അവായത് ശാന്തി ഉണ്ടെങ്കിൽ സാമ്രാജ്യം പോലും ഒരാൾക്ക് തുച്ഛമാണ് സമ്പത്ത് വേണ്ടാന്നല്ല പറയുന്നു അതും ആവേശത്തിന് വേണ്ടി സന്തോഷശാലിനീ ബുദ്ധി രാമ സംസാരവർത്തിഷ വിഷമാസ്വക്തി അനുദ്ഗ്ന കഥാജുന ഹീയത സന്തോഷശാലിനീ ബുദ്ധി സന്തോഷം സ്വഭാവമായിരുന്നു മനസ്സ് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ചിലരുടെ മനസ്സിന്റെ ഒരു സ്വഭാവം തന്നെയായിരിക്കും സന്തോഷം ചിലരത് ആർജിച്ച് മനസ്സിന്റെ ഒരു സ്വഭാവമാക്കി മാറ്റും പ്രയത്നിച്ചും എന്തായാലും മനസ്സിൻ്റെ സ്വഭാവം സന്തോഷമായിരിക്കുമെങ്കിൽ കഴിയുന്നത്ര അവര് സന്തോഷമുള്ളവരായിരിക്കും അല്ലെങ്കിൽ അവര് സന്തോഷമുള്ളവരായിരിക്കാൻ ശ്രമിക്കും ഇപ്പോ സംസാര പ്രത്യക്ഷവും അവരവരുടെ ജീവിത വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കും വൃത്തി എന്ന് വെച്ചാൽ പ്രവൃത്തി സാംസാരികമായ പ്രവൃത്തി എന്ന് വെച്ചാൽ ജീവിതത്തിലെ പ്രവർത്തി അവിടെ പ്രത്യേകം പറയുന്നു രാമനോട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ജീവിത വൃത്തികളെല്ലാം വെട്ടിച്ച് ഒരാൾ സന്തോഷമായിരിക്കുന്ന കാര്യമെന്നാണ് പറയുന്നത് അയാൾ ജീവിതത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അയാളെങ്ങനെ സന്തോഷത്തോടുകൂടിയിരിക്കുന്നു അല്ല ഹിമാലയത്തിൽ പോയിട്ട് സന്തോഷത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്വാമിയായിട്ട് സന്തോഷത്തിൽ ഇരിക്കുന്ന സന്തോഷമായി ആയിരിക്കുന്നതിന് അതിൻ്റെ ഒന്നും അതൊക്കെ ആയി കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല അപ്പോ ഈ സംസാരവൃത്തി ജീവിത വൃത്തി എല്ലാം യോജിച്ചാൽ ഒരാൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും ഒരുപാട് അറിവുള്ളതുകൊണ്ടൊരാൾ സന്തോഷമായിരിക്കും എന്നുള്ളത് തെറ്റായ ധാരണയാണ് അറിവുള്ളതുകൊണ്ട് മാത്രം സന്തോഷമുണ്ടാകും പ്രവൃത്തി ശരിയായാലും ഇങ്ങനെ സന്തോഷമുണ്ടാകും ശരിയാവത്തില്ല പ്രവൃത്തി അതിനനുസരിച്ച് നടത്തും അതുകൊണ്ടാണ് പറയുന്നത് സംസാരവൃത്തി എന്ന് പറയും അറിവും പ്രവൃത്തിയുമെല്ലാം ഒരുമിച്ചിരിക്കുന്നു തലയ്ക്കകത്ത് ഒരുപാട് അറിവൊക്കെ നിറച്ചു വെച്ചിട്ട് ആരെങ്കിലും കുറെ ഭക്ഷണമൊക്കെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ തന്നിട്ട് ഞാൻ സന്തോഷമായിരിക്കും വിചാരിക്കുന്ന സ്വാമിമാരുണ്ട് ഒന്നും നടക്കത്തില്ല ഒന്ന് നടക്കുന്ന കാര്യം അറിവും പ്രവൃത്തി അതുപോലെ ഈ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേക്ക് പാറ പ്രവൃത്തി സംസാരവൃത്തി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു അതൊരു സംസാര ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ സന്തോഷം നിലനിർത്തുന്നതുകൊണ്ട് നമ്മൾ സഹകരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റം ശരിയായി ആ പെരുമാറ്റം ശരിയാവുന്നതിലൂടെ തന്നെ സന്തോഷം നമുക്ക് നിലനിർത്താൻ ആ പെരുമാറ്റത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ ക്വാളിറ്റി വേണം എന്താണ് ക്രെഡിബിലിറ്റി അതൊരുപാട് ക്വാളിറ്റികളെ ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ടാണ് ഓണസ്റ്റി വരും സിൻസിയറായിരിക്കും മായാവിയായിരിക്കും അങ്ങനെ മനുഷ്യനോട് പെരുമാറാൻ ഒരാളെ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ അയാളുടെ സന്തോഷം തനിയായിരുന്നു അപ്പൊ അവിടെ ശരിയാകത്തോണ്ട് ഈ സംസാരവൃത്തി ശരിയാകാത്തതുകൊണ്ടാണ് കുറേ ദിവസം കുറെ സമയം ജപിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശരി ആ സമയം നമുക്കൊരു സന്തോഷം തോന്നിയെന്നായിരിക്കും പക്ഷേ നമ്മള് വളരെ വളരെ ഇടുങ്ങിയൊരു ലോകത്താ ജീവിക്കുന്നു നമ്മളെ തോട് മറ്റൊരാളുടെ തോളിനോട് തട്ടിയാ നമ്മൾ ജീവിക്കുന്നു അത്ര ഇടുങ്ങിയ ഒരു ലോകമാണ് അവിടെ നമ്മൾ മറ്റൊരാളിനോട് എങ്ങനെ ഇടപെടുന്നു എങ്ങനെ പെരുമാറുന്നു അയാളെ പരിഗണിച്ചിട്ടാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അയാളെ അവഗണിച്ചിട്ടാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് വലിയൊരു പ്രാധാന്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ആധ്യാത്മിക ശാസ്ത്രം തന്നെ പല ആശയങ്ങളും ആധുനിക ലോകത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കാലം മറന്നനുസരിച്ച് പരിഷ്കരിക്കേണ്ട ആശയങ്ങളാണ് പലതും കാരണം പല ആശയങ്ങളും നമ്മുടെ കേട്ടുകേൾവിയനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതത്തെ നശിപ്പിച്ചു ഈ ലോകത്ത് ജീവിക്കാൻ പറ്റാത്ത പലതും ശരിയായ രീതിയിൽ അത് അറിഞ്ഞ് പ്രയോഗിച്ചില്ലെങ്കിൽ ദോഷം ചെയ്യുന്ന സ്വയം ഞാൻ സംതിങ് സ്പെഷ്യൽ എന്ന് സ്വയം വിചാരിക്കുക എന്തിന്റെ അത് ആത്മീയതെന്ന് വിചാരിക്കുന്നു എന്നിട്ടും മറ്റുള്ളവനെ അവഗണിക്കുക അവനെ പരിഗണിക്കാതിരിക്കുക അവനവലും സന്തോഷം നേടാൻ പറ്റില്ല അവന്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു സോപ്പ് ഗോള പോലെ ഏത് സമയം പൊട്ടി പോകും നിലനിർത്താൻ പറ്റും അതുകൊണ്ട് പറയുന്ന സംസാരം അത്യക്ഷം സന്തോഷ സ്വഭാവമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റത്തിനും നമ്മുടെ പ്രവൃത്തികളിലെല്ലാം എന്തായിരിക്കണം സന്തോഷമായിരുന്നു ഞാൻ പറയുമ്പോൾ ഇത് എഴുതിവെച്ചാണ് ഞാൻ പറയുന്ന ഈ ആശയങ്ങളൊക്കെ വിവക്ഷിച്ചിരുന്നോ എന്ന് എനിക്ക് ഉറപ്പൊന്നും ഇല്ല ഞാൻ ഇന്നത്തെ ലോകത്തിൽ ഇന്നത്തെ ചുറ്റുപാടുകൾ ഇന്നത്തെ അറിവിച്ചുകൊണ്ട് ഇത് പറയുന്നതാണ് ഇങ്ങനെ ആയിരിക്കണമെന്നുള്ള പക്ഷെ വാക്കുകിടേത് അർത്ഥം അത് തന്നെയാണ് ആശയങ്ങൾ വിപുലീകരിക്കുമ്പോൾ നമുക്ക് പഴയ കാലത്ത് ഈ കാലത്തിലേക്ക് മാറേണ്ടി ഇന്നും ഇതൊക്കെ പഴയ രീതിയിൽ തന്നെ മനസ്സിലാക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നവരോട് ഇന്നതുകൊണ്ട് ഉപയോഗമില്ല ഇന്നും മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണോ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സ്പെഷ്യലാകുക അസാധാരണക്കാരനാകുക എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിൽ നശിപ്പിക്കും നമ്മളൊരു സാധാരണക്കാരനായിരുന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഒന്നായിരുന്നാൽ അതാണ് നമുക്ക് കൂടുതൽ സന്തോഷത്തിൽ ഇന്നത്തെ മനഃശാസ്ത്രം പറയുന്ന മറ്റേത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഭൗതികമായി നേടാൻ പറ്റും പക്ഷേ സന്തോഷം നിലനിർത്താൻ ആൾക്കൂട്ടത്തിൽ ഒരുപനായി ജീവിക്കുക സന്തോഷത്തിലുള്ള ഏറ്റവും നല്ല വഴിയാണ് അങ്ങനെ ഒരാളെ മാത്രമേ എല്ലാവർക്കും സൗഹാർദ്ദം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിഷമാസുതി അനുദ്ജ്ഞ വളരെ വൈഷമ്യങ്ങളിലും പ്രതികൂലതകളിലും അനുദ്രജനാണ് ഈ പോസിറ്റീവ് സൈക്കോളജി പറയുന്ന ഒരു പ്രധാനമായ കാര്യമാണ് നിങ്ങൾ സന്തോഷമുള്ളവനായിരിക്കണമോ നിങ്ങൾ ഭയമില്ലാത്തവനായി ഭയമുണ്ടെങ്കിൽ ഒരിക്കലും സന്തോഷത്തോടുകൂടിയിരിക്കാൻ പറ്റും ഒന്നിനെയും ഭയക്കരുത് അകാരണമായിട്ട് ജീവിതത്തിൽ ഒന്നിനെയും ഭയക്കരുത് എന്തിനേനും ഭയന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷത്തെ എസ് പിന്നെ ഭയക്കാതിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് ശ്രമിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ന് പറയുന്ന ഹോമിയാണ് അത് കൊണ്ട് കിടക്കാതിരിക്കും പലതരത്തിലുള്ള ഹോമിയും അത് നമ്മള് സ്വന്തമാക്കി കൊണ്ടു കിടക്കാതിരിക്കും അതുള്ളവർക്ക് എങ്ങനെയാണ് സന്തോഷമുണ്ടോ ഭയക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന നമ്മുടെ ചുറ്റുപാടും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അവയറായോ അതിനെക്കുറിച്ച് ബോധവാനായ ബോധവാനാവുമ്പോൾ അവിടെ ഭയം പോകും അങ്ങനെ ഒരു ബോധം നിലനിർത്തുക അതിന് ഇന്ന് ഒന്ന് ഫിലോസഫിയിൽ വെച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മെറ്റ അവയർനെസ് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇങ്ങോട്ട് സ്വയം തന്നെ പഠിക്കുക അപ്പോ എന്താണ് എന്ന കഥാ ചെന്ന് അവന് ഭയമില്ല ഉത്കണ്ഠയില്ല ഒരിക്കലും ഒന്നും നശിക്കുന്നില്ല ഈ കൂട്ടത്തിന് ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും ഉണ്ടാകും അങ്ങനെ ഭയം ഭയമില്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു അഹങ്കാരമല്ല എനിക്ക് ഭയമില്ല ഞാൻ തന്റെ ഇടവനാണെന്ന് പറയുന്നത് അത് അഹങ്കാരമാണ് ഭയമില്ലായ്മയെ കുറിച്ച് എനിക്കൊരു അവയർനസ് ഉണ്ടെങ്കിൽ അത് കോൺഫിഡൻസ് ആണ് രണ്ടു ആ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ആരും ഉത്തരം പറയാറ് എനിക്ക് ഭയമില്ല എന്ന് പറയാൻ ധൈര്യപ്പെടാത്തതാണ് അങ്ങനെ ഒരു ബോധ്യം വേണ്ട ഭയമില്ല ഞാനിവിടെ അവൻ നഹീയതയെ അവന് വളർത്തും നശിക്കുന്നില്ല ആത്യന്തികമായ നാശം എന്ന് പറയുന്നുണ്ട് മരണമാണ് അപ്പം അതുവരെ ഒരാളും ഭയത്താതിരിക്കില്ല അതിനാണ് ജീവിതം എന്ന് പറയും ശരിയായി പോസിറ്റീവ് ലൈഫ് എന്ന് പറയുന്നത് നാശം എന്ന് പറയുന്ന മരണം തന്നെ സംഭവിക്കാവോ അതൊരു നാശമാണ് അതുവരെ എങ്ങനെയായിരിക്കുന്നു നസിക്കാതിരിക്കുന്നു അതാണ് ജീവിതം അതിന് ഭയമില്ലാതിരിക്കുന്നുവെന്നാണ് പറയും